തങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവർ അള്ളാഹു സുബഹാനഹുവ ആരയെക്കൊണ്ട് സത്യം ചെയ്യുന്നു എന്നാൽ അവർ സത്യനിഷേധത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ സത്യനിഷേധം കാണിക്കുകയും തങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹൂവത്ത് ആരയും അവൻറെ ദൂതനും തങ്ങളുടെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകിയതിലല്ലാതെ അവർക്ക് മറ്റു പരാതികളൊന്നുമില്ലായിരുന്നു അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതവർക്ക് ഉത്തമമായിരിക്കും അവർ പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹു സുബഹാനഹുവറ്റ അല ദുനിയാവിലും ആക്രത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷ നൽകും ഭൂമിയിൽ അവർക്ക് ഒരു സഹായിയോ സംരക്ഷകനോ ഇല്ല